ഒട്ടകങ്ങളെ അള്ളാഹുസുബഹാനഹുവ ചായാലാവിന്റെ അടയാളങ്ങളിലൊന്നായി നാം നിങ്ങൾക്ക് നിശ്ചയിച്ചിരിക്കുന്നു അതിൽ നിങ്ങൾക്ക് ഗുണമുണ്ട് അതിനാൽ അവ നിരത്തി നിർത്തിയിരിക്കുമ്പോൾ അള്ളാഹുസുബഹാനഹുവ ചായാലാവിന്റെ നാമം അവയിൽ സ്മരിക്കുക അവയുടെ പാർശ്വങ്ങൾ നിലത്ത് വീഴുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും സംതൃപ്തരായവർക്കും ആവശ്യക്കാർക്കും നൽകുകയും ചെയ്യുക നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടി നാം അവയെ നിങ്ങൾക്ക് കീഴ്പെടുത്തിയിരിക്കുന്നു